കിഴക്കിലേക്കോ പടിഞ്ഞാറിലേക്കോ നിങ്ങളുടെ മുഖങ്ങൾ തിരിക്കുക എന്നതല്ല പുണ്യം മറിച്ച് അള്ളാഹുസുബഹാനഹൂവ്വ തായാലിലും അന്ത്യദിനത്തിലും മലക്കുകളിലും വേദഗ്രന്ഥങ്ങളിലും പ്രവാചകന്മാരിലും വിശ്വസിക്കുകയും താൻ സ്നേഹിക്കുന്ന സമ്പത്ത് കുടുംബബന്ധമുള്ളവർക്കും അനാഥകൾക്കും ദരിദ്രർക്കും വഴിപോക്കർക്കും യാചകർക്കും അടിമകളെ മോചിപ്പിക്കുന്നതിനും നൽകുകയും നമസ്കാരം നിലനിർത്തുകയും ജക്കാത്തു നൽകുകയും കരാറുകളിൽ ഏർപ്പെട്ടാൽ അത് പാലിക്കുകയും കഷ്ടപ്പാടുകളിലും രോഗങ്ങളിലും യുദ്ധസമയങ്ങളിലും ക്ഷമിക്കുകയും ചെയ്യുന്നവനാണ് പുണ്യമുള്ളവൻ ഇക്കൂട്ടരാണ് സത്യസന്ധർ ഇവരാകുന്നു സൂക്ഷ്മതയുള്ളവർ